ഇവ അള്ളാഹുസുബഹാനുഹൂവറ്റ് ആലായുടെ അതിരുകളാകുന്നു അല്ലാഹുസുബഹാനുഹൂവറ്റ ആലായെയും അവൻറെ ദൂതനേയും ആര് അനുസരിക്കുന്നുവോ അവനെ താഴെയായി അരുവികളൊഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളിൽ പ്രവേശിപ്പിക്കും അവിടെ അവർ ശാശ്വതമായി വസിക്കും അതാണ് മഹത്തായ വിജയം